നിങ്ങളുടെ രക്ഷിതാവ് ഐശ്വര്യവാനും കരുണാനിധിയുമാണ് അവനുദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കുകയും നിങ്ങൾക്കു ശേഷം അവനുദ്ദേശിക്കുന്നവരെ നിങ്ങളിനു പകരം കൊണ്ടുവരികയും ചെയ്യും മറ്റു ചില ജനതയുടെ സന്തതികളിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ